നിങ്ങളെ വാഹനങ്ങളിൽ കയറ്റാൻ അവർ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ നിങ്ങളെ കയറ്റാൻ എന്റെ പക്കൽ വാഹനങ്ങളൊന്നുമില്ല എന്ന് നിങ്ങൾ പറയുകയും ചെലവഴിക്കാൻ ഒന്നുമില്ലാത്തതിലുള്ള ദുഃഖത്താൽ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവർ മടങ്ങിപ്പോകുകയും ചെയ്തവർക്കും യാതൊരു പ്രയാസവുമില്ല